സത്യവിശ്വാസികളിൽ ചില പുരുഷന്മാരുണ്ട് അവർ അള്ളാഹു സുബഹാനഹൂവാലയുമായി ചെയ്ത കരാറിൽ സത്യസന്ധത പുലർത്തി അവരിൽ ചിലർ തങ്ങളുടെ കരാർ പൂർത്തിയാക്കി ചിലർ കാത്തിരിക്കുന്നു അവർ യാതൊരു മാറ്റവും വരുത്തിയില്ല